യുനാ ഇത് മൊത്തത്തിൽ ഇതിന്റെ ആശയം മനസ്സിലാകാൻ വേദാന്തരാചാര്യരുടെ വ്യാഖ്യാനം ഇല്ലാതെ പ്രയാസം അപ്പൊ അതനുസരിച്ചാണ് ഇതിന്റെ രാഷ്ട്രം അപ്പം നമ്മൾ അവസാനം വരെ ഇത് ചർച്ച ചെയ്യുന്നത് വേദാന്താചാര്യ വ്യാഖ്യാനം അനുസരിച്ച് െന്ന് പറഞ്ഞ ആചാര്യന്റെ ഗുണമഹിമയെ കാണിക്കാൻ പ്രസിദ്ധമായ ഗുണമഹിമയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് രാമനാചാര്യൻ ഗീതയ്ക്ക് ഗീതയുടെ ആശയവും പദ്യങ്ങളും എഴുതിയിട്ടുണ്ട് ഒരു വ്യക്തമൊന്നും പറയാൻ പറ്റില്ല നൃത്തത്തിരണ്ട് പത്തി ദ്ദേഹം ഗീതയെ മൂന്ന് ഷട്ടങ്ങളായി തിരിച്ചു എന്നുവെച്ചാൽ ആദ്യത്തെ ആറാധ്യായം ഒന്ന് പിന്നെ ആറാധ്യായം മൂന്ന് പിന്നെ ആറാധ്യായം അതിന്റെ ചോട് മത്സൂഹന സരസ്വതി ഗീതയെ മൂന്ന് ഷട്ടങ്ങളായി തിരിച്ചു എന്നിട്ട് ഓരോ ഷട്ടത്തിന്റെ ആശയങ്ങൾ വരുന്ന ഭാഗങ്ങളിൽ ചർച്ച ചെയ്യും പിന്നീട് ഓരോ അധ്യായങ്ങളെയും വേണ്ടി ഓരോ ശ്ലോകം അങ്ങനെ എല്ലാം കൂടി ചേർത്ത് മുപ്പത്തിൽ ഉണ്ട് പറ്റും തുടക്കത്തിലുള്ള രീതി അപ്പോൾ ഈ വ്യാമനാചാര്യ ഗീത ആ വ്യാഖ്യാനം അത് എന്നെ പിന്തുടരുന്നതാണ് രാമായണികാചാര്യം അദ്ദേഹത്തിൻ്റെ മുഖ്യമായ ആധാരം ആശയമാണ് അതുകൊണ്ടാണ് ഇവിടെ അദ്ദേഹത്തിന് സ്ഥിതി ചെയ്യുന്നത് ആ രാമായചാര്യ കാഴ്ചപ്പാട് പറയുന്നത് വിശിഷ്ട അദ്വൈതം എന്ന് രാമായുചാര്യോടൊപ്പം പറയുന്നത് അത് വ്യാഖ്യതാക്കൾ കൊടുത്ത പേരാണ് അങ്ങനെ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അവിടെ രാമായനാചാര്യ പറയുന്നത് പ്രധാനമായും മൂന്ന് ഗ്രന്ഥങ്ങളാണ് കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞു വേദാന്ത സംഗ്രഹം ആദരി പിന്നെ ശ്രീഭാഷയും മീലാഭാഷ ഇനി അത് ഒമ്പതാണെന്ന് പറയുന്നവരാണ് അങ്ങനെ ഒമ്പത് ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റെ പേരിലുണ്ട് അപ്പോൾ അതും അങ്ങനെ സ്വീകരിക്കുന്നവരുണ്ട് കാരണം ഇതെല്ലാം ആണെന്ന് പഠനത്തിൽ പറയുന്നത് രണ്ടു തരത്തിലുള്ള ആ പരമ്പരയും പറയുന്നവരുണ്ട് ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി പറയുന്നു കാലം ശരി വിഷയങ്ങളും ഒക്കെ പഠിച്ച് അങ്ങനെ അഭിപ്രായം പറയുന്നു അതിൻ്റെതാണ് കറക്റ്റ് ശരി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ആ യോമനാചാര്യ അഭിപ്രായം യുദ്ധമേ ഗീത എന്നുള്ള തന്റെ സിദ്ധാന്തം പൊതുവെ ബ്രഹ്മസൃതത്തിലായും ഇതിലായി അപ്പോൾ അതിന്റെ അദ്ദേഹത്തിന്റെ എന്താണ് മഹത്വം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ശബ്ദം ഉപയോഗിച്ചത് എന്നാണ് കാര്യം അതിന് നമ്മൾ മനസ്സിലാവുന്ന അത്രയും മഹത്വം പ്രസിദ്ധമായ മഹത്വമുള്ള അത് ശരിയാണ് വൈഷ്ണവ സമ്പ്രദായത്തിൽ വളരെയധികം ആദരിക്കപ്പെടുന്നവരാണ് രാമനാചാരഹ ധ്യാന വിധ്വസ്ത ശേഷ അഹം അദ്ദേഹത്തിൻ്റെ പാതാപോരൂഹത്തിൻ്റെ ധ്യാനം കൊണ്ട് വിധ്വസ്തമായി നശിച്ച സർവഭാവങ്ങൾ നശിച്ച നായനാണ് എന്നാണ് അപ്പോ ഇവിടെ ഇതിനെക്കുറിച്ച് വേദാന്താചാര്യൻ പറയുന്നത് ദ്രോണാചാര്യസ് ഏകലപിക്കുക ദ്രോണാചാര്യ ഏകലപ്യൻ എന്നതുപോലെയാണ് എന്ന് പറയുമ്പോ ഇതിന് രണ്ടഭിപ്രായം ചിലർ പറയുകയും ഇവര് രണ്ടുപേരും നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നാണ് ഗുരു കൂട്ടർ പറയുന്നത് കണ്ടു അദ്ദേഹം ദൃഷ്ടി കൊണ്ട് അനുഗ്രഹിച്ചു രാമാനുചാചാര്യ ഹരിയാവനാജ അത്രയോ സംസാരിച്ചു കൂട്ടർ പറയുന്നത് പോലെയല്ല അദ്ദേഹം മരിച്ചതിന് ശേഷം കണ്ടു മരിച്ചതിന് ശേഷം കണ്ടുകഴിഞ്ഞപ്പോൾ രാമാനുചാരി കണ്ടുകഴിഞ്ഞപ്പോൾ മരിച്ച അദ്ദേഹം വീട്ടിൽ ജീവിച്ചു ജീവിച്ച് എഴുന്നേറ്റിൽ നിന്ന് രാമാനുചാര്യന് അടുത്ത വൈഷ്ണവര പരമ്പരയിലെ ആചാര്യനായി പ്രഖ്യാപിച്ചിട്ട് വീണ്ടും മരിച്ചെന്ന് രണ്ടും കഥകളാണ് ആയിരം വർഷം കാര്യങ്ങളാണ് ചരിത്രമല്ല ചരിത്രത്തിന്റെ ചില സൂചനകൾ അതിനാകുന്നുണ്ടെന്നേ ഉള്ളൂ ഇപ്പൊ ഏതാണ് ശരിയെന്ന് എന്തായാലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ദ്രോണാചാര്യർക്ക് ഏക ലെവലെന്ന് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് നേരിട്ട് ഒന്നും വിധിയൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നാൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് താൻ ഇതെല്ലാം സാധിക്കുന്നത് എന്നൊരു വിശ്വാസം ആ വിശ്വാസത്തിനാണ് എഴുതുന്നത് കണ്ടിലും കണ്ടില്ലയോ മരിച്ചു ഈ എല്ലാ ആധ്യാത്മിക ആചാര്യന്മാരുടെയും ജീവചരിത്രങ്ങള് പഴയ അത് ശരിക്കും വരുന്നത് ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് അവിടുത്തെ സുന്ദന്മാർ ജീവചരിത്രങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ് അറിയും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി അർത്ഥം കൊടുത്തിരിക്കുന്നത് ആരുടെ ജീവിചരന്ത എഴുതിയാലും അത് വസ്തുതകൾക്ക് പുറം അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ട കൂടെ കാണുന്നത് ഏതും ആത്മീയ ആചാര്യമാണ് അവരെ മഹത്വപ്പെടുത്തുക ആസ്വദിക്കുക അപ്പോൾ കുറെ അതിശയോക്തികളതി ചേർക്കുക എന്ന് പറഞ്ഞാൽ അല്ല ആഗ്യോഗ്രാഫി അപ്പോൾ അങ്ങനെ അവർ കുറച്ച് അങ്ങനെ മഹത്വപ്പെടുത്തി എഴുതും അപ്പോൾ അങ്ങനെ വന്നായിരിക്കും ആ പരമ്പര അതിൽ കൂടുതൽ ചെയ്യുന്ന പരമ്പരയിൽപ്പെട്ടവരാണ് മറ്റുള്ളവരെക്കാൾ കാരണം ഇദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഓടി വന്നിട്ടുണ്ട് രാജ്യം മാറി താമസിക്കേണ്ടി വേണ്ടിയിട്ടുണ്ട് കാരണം അന്ന് ജൈനന്മാരും മറ്റ് സമ്പ്രദായക്കാരും തമ്മിലുള്ള മത്സരങ്ങൾ രാജാവ് ജൈനനാണെങ്കിൽ പിന്നെ രക്ഷയിൽ വൈഷ്ണവനോട് പറ്റത്തുണ്ട് പിന്നെ സൈവലിനാണെങ്കിലും വിഷയം താമസിക്കാൻ ഇത് തിരിച്ചു പോകും സാമാന്യജന ഒരു സ്ഥലത്ത് ചെന്ന് ഒരു രാജാവിൻ്റെ മകളെ അസുഖന്മാരും അദ്ദേഹം വൈഷ്ണവനായി അദ്ദേഹവും ശ്രീരംഗത്ത് വേറെ ആ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ഇങ്ങനെ കഥകളുണ്ട് ഇതെല്ലാവരും തീർന്നുകൊണ്ട് പിരിജ്ഞാനെ സംബന്ധിച്ചിട്ട് തരുന്നുണ്ട് അസുഖമായി രാജാവെ സഹായിച്ചു അപ്പൊ ഇത് ഒരു കാലത്തെ തമിഴ്നാട്ടിലെ ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് അതുകൊണ്ടിങ്ങനെയുള്ള അതിശയമുക്തികളും എല്ലാവരും ചേർക്കും ഇതില ഒരു മത്സരം ഉണ്ട് അത് അത് ചരിത്രപരമായി നോക്കുന്നു നമ്മള് ആധ്യാത്മികമായി നോക്കുമ്പോൾ പെട്ടെന്ന് രീതി ഒന്നാണ് ചരിത്രപരമായി മനസ്സിലാക്കി ഉള്ള കാര്യങ്ങൾ വരണം അതുകൊണ്ടെന്തായാലും ഏതാ എന്താ ചെയ്യും ഇദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കാലത്തിലോ തൊട്ടടുത്ത കാലത്തിലോ ജീവിച്ചിരുന്ന അദ്ദേഹം പറയുന്നതിന് എന്തായാലും കുറച്ച് മൂല്യമുണ്ട് അപ്പൊ ദ്രോണാചാര്യടുത്തെങ്ങനെയാണ് വേഗം പിന്നെ അതുപോലെ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ധ്യാനിച്ചു അധ്യാനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പദാമൗഹ ധ്യാനം കൊണ്ട് എല്ലാ അന്വേഷണങ്ങളും മാറി എന്നാണ് വസ്തുതാം ഉപയാഗ ഞാനൊരു വസ്തുവായി തീർക്കുന്ന പതിനും പറഞ്ഞത് നമുക്ക് ഈ വ്യാഖ്യാനത്തിലൂടെ ആശയം മനസ്സിലാവും ഈ പറയുന്ന വൈഷ്ണവന്മാരും എല്ലാം വ്യാഖ്യാനത്തിലൂടെ തന്നെയാണ് പറയുന്നത് കാര്യം മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇന്നുള്ളതിനെല്ലാം ഇങ്ങനെയുള്ള രണ്ട് പ്രധാന വ്യാഖ്യാനങ്ങളാണ് സ്ത്രീ ഭാഷയത്തിനും മറ്റും യഥാർത്ഥ സഞ്ചാരത്തിനും സ്ത്രീ ഭാഷയത്തിനും ഒരു സുദർശന സൂചി അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിന് വളരെ പ്രാമാണികമായി അതല്ലാതെ മനസ്സിലാക്കും ഭാഷത്തിന്റെ ഒരു പ്രത്യേകത നമുക്കൊരു വ്യാഖ്യാനം ഇല്ലാതെ തന്നെ അത് മനസ്സിലാവും വ്യാഖ്യാനത്തിന്റെ ആവശ്യം വരും പക്ഷെ രാമാനുജാ അത് നടക്കത്തില്ല അതിൽ വ്യാഖ്യാനം കൂടി അതിന്റെ ശൈലി വേറെയാണ് വ്യത്യാസം അദ്ദേഹത്തിന്റെ പ്രതിപാദന രീതിയും കാർക്കിക ശൈലിയും മണ്ഡലങ്ങൾ ഭാഷകൾ പല രീതിയിലായിരിക്കും പലതരത്തിലുള്ള പൂർവോക്ഷങ്ങൾ സിദ്ധാന്തങ്ങൾ പലതരത്തിലുള്ള അനുഭവപത്തികൾ അതിന് മറുപടി എന്ന് വെച്ചാൽ അത്ഭീതത്തെ കണ്ടിക്കുമ്പോൾ അവിടെ തർക്കവി തർക്കങ്ങളിലേക്കൊക്കെ വ്യാഖ്യാനം ഇല്ലാതെ മനസ്സിലാക്കുന്നു എന്താവും പൊതുവെ ആശ്രയിക്കുന്നത് സുന്ദർ സമ്പ്രദായത്തിൽ തുടർന്ന് വരുന്ന കുറേ കാര്യങ്ങളും അത് നമുക്ക് അതങ്ങനെയാണോ അവർ സ്വീകരിക്കുന്നത് അത് ഇന്നൊക്കെ ഒരുപാട് ആന്ധ്രയത്തിൽ പല സമ്പ്രദായങ്ങളുണ്ട് തമിഴ്നാട്ടിൽ പല സമ്പ്രദായങ്ങളുണ്ട് കാരണം ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ അനുഷ്ഠാനത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ശ്രീവൈഷ്ണവ സാ അവരുടെ അദ്വൈതത്തിനെ സംബന്ധിച്ച് അതല്ല അവിടെ വലിയ ജ്ഞാനത്തിനാണ് പ്രാപ്ത ഇവിടെയൊന്നും അങ്ങനെയായിരുന്നു രാമാനുജാചാര്യെഴുതിയ ഒരു ഗ്രന്ഥമാണ് നിത്യഗ്രന്ഥം ഈ നിത്യഗ്രന്ഥം ഒരു വൈഷ്ണവിന് നിർബന്ധമാണ് ഇന്നിത് എങ്ങനെ വൈഷ്ണവന്മാർ അത് അംഗീകരിക്കുന്നുണ്ടോ അത് ആചരിക്കുന്നുണ്ടോ എന്നുള്ളതായിരിക്കും ഒരു പ്രയാസം അതിനകത്ത് അമ്പത്തിനാല് ചോദ്യകൾ അതിനകത്ത് പറയുന്ന പതിനാറ് സേവകൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യർ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഉറങ്ങുന്നത് വരെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് പറയുന്നുണ്ട് ഇപ്പോൾ അത് പരമേകാന്തികന്മാരാണ് പരമേകാന്തികന്മാരെന്ന് ഏകാന്ത യോഗികളുടെ ആകാംക്ഷ കൊണ്ട് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ആരും ഇല്ല മഹാഗതികളാണ് എഴുത്തച്ഛൻ്റെ ഹരിനാമവർത്തനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അമ്പലങ്ങളിൽ വെക്കാട് കിട്ടുന്നതെങ്കിലും കേട്ടിട്ടുണ്ട് പ്രകാരം നാടുകൾ ജീവിച്ചല്ലേ ഇതിന്റെ കൂടെ വന്നു ഏകാന്ത യോഗികൾ പരമേകാന്തികന്മാർ ഈ പരമേകാന്തികന്മാര് അവര് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ് പുള്ളി മുതൽ വൈകുന്നേരം തൻ്റെ ഇഷ്ടദേവത ഉറക്കുന്നതിനുള്ള നിർബന്ധമാണെന്നാണ് ത്തെ ജീവിത സാഹചര്യങ്ങൾ ഇന്നിത്തരം തോന്നുന്നു ആൾക്ക് അനുഷ്ഠിക്കാൻ പറ്റുമെന്ന് ഒരു പക്ഷേ അതിൽ അംഗ് വെച്ചിട്ടില്ല അത് വൈഷ്ണവന്മാരെ മനസ്സിലാക്കുന്നു അങ്ങനെയാണ് അവിടെ നിഷ്ഠാന പ്രധാനമാണ് ജീവിതം ആചാരം പ്രധാനമാണ് അങ്ങനെ ജീവിത വൈഷ്ണവ് ശ്രീവൈഷ്ണവെന്ന് പറഞ്ഞു ജീവിക്കണമെന്ന് അതിന്ന് ഞാൻ മനസിലാക്കും ഇതുകൂടാതെ ഗദ്യഗ്രന്ഥങ്ങളുണ്ട് അതിലും കുറച്ചൊക്കെ പറയുന്നു ഗദ്യത്രയം ആചാര്യം അപ്പൊ അവിടെയൊക്കെ പൂർണ്ണം അല്ലെ പറയുന്നത് അതിന്റെ പേര് തന്നെ എന്താണ് സമാശ്രയണം എന്നാണ് പറയുന്നത് ജീവിതം തന്നെ സമർപ്പിതമായിരുന്നു അപ്പൊ അതിൽ ഈ സമർപ്പിതമാകുന്നതു ഭാഗമാണ് ഈ ആചാരം അതിനാണ് പ്രപത്തി എന്ന് പറയുന്നത് പ്രപത്തി എന്ന് പറയുന്നു പറയോ പ്രഭാത എന്തായി പ്രഭാ അതാണ് രാമാനുചാചാര്യം പ്രപത്തിയെന്ന് ആ നമ്മളിങ്ങനെയെന്ന് പറയും മാം ത്വാം പ്രപലം എന്താ ഈ പ്രപലനം അതിനൊരു പദ്ധതി രാമാനുചാചാര്യ ആവിഷ്കരിച്ചിട്ടുള്ളത് അതാണ് നിത്യ ഗ്രന്ഥത്തിൽ പറയുന്നത് പഞ്ചസംസ്കാരം അതാണ് സമാശ്രയണത്തിന് വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത് പറയുന്നത് രാമാവിന്റെ ആചാര്യ ഈ ഇതിങ്ങനെ ഏർപ്പെടുത്തിയെന്നാണ് പക്ഷെ ഇത് നമുക്കിത് വായിച്ചുള്ളൂ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് കാലങ്ങളിലൂടെ പല ആചാര്യന്മാരും കൂട്ടിച്ചേർത്തുകയും കുറക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാക്കിയെടുക്കൊരു സമ്പ്രദായം സമാനുചാരി നിത്യഗ്രന്ഥത്തിലേറെ കുറിച്ചൊന്നും അങ്ങനെ പറയുക അവിടെ പറയുന്ന ഇപ്പോ ഒന്ന് പ്രധാനമായിട്ട് പറയുന്നത് രഹസ്യത്രയോ അതിൽ വരുന്ന രഹസ്യത്രയോ എന്നു പറയുന്നത് ഭയങ്കര രഹസ്യമെന്നൊന്നും വിചാരിക്കരുത് ഇന്നെല്ലാം പരസ്യമാണ് മൂലമന്ത്രം വിമൂലമെന്രസ്യമാണ് ഇതൊക്കെ തന്നെ അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഇതിനൊക്കെയാണ് രാചാര്യന് പ്രാധാന്യം കൊടുക്കുന്നത് അതിന്റെ ജപം അതിന്റെ അനുഷ്ഠ അതൊക്കെ കുറച്ച് കർശനമാണ് പ്രാണായാമം ചെയ്ത് കുംഭക പ്രാണായാമം ചെയ്യുന്നു രാമായ ലോകത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു കുംഭക പ്രാണായാമം ചെയ്തുകൊണ്ട് മാനസികമായി മൂലമന്ത്രം ഇരുപത്തെട്ട് തവണ വരെ ജപിക്കണമെന്നാണ് ഒന്ന് ശ്രമിച്ചു പോകുക ശ്വാസം കൂട്ടിച്ചത്തില്ലെങ്കിൽ ബാക്കി ഏ ഓം നമോ നാരായണ മാനസികമായി ജപിക്കും എത്ര തവണ ചെയ്യണമെന്നുള്ളതാണ് ഈ പൂജയിലൊക്കെ ഇത് എവിടെ നിന്ന് വന്നു ഇത് ഈ വൈഷ്ണവ നമ്മള് ചെയ്യുന്ന പൂജയിലും മറ്റും വന്നിരിക്കുന്ന പല വൈഷ്ണവ സമ്പ്രദായത്തിൽ നിന്ന് വന്ന ഇവരെ തന്നെ മാറ്റി ചെയ്യും വൈഷ്ണവപ്പം അതും മാറ്റാൻ കാരണം ഓം എന്ന് പറയുന്നത് അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന് പലയിടത്തും മുമ്പേ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് എ എം എന്നെഴുതി കണ്ടിട്ടുണ്ടായിരുന്നു പുസ്തകം വായിക്കുന്നതിനുള്ള ചോദിച്ചിട്ട് കാര്യം എ എം എന്ന് പറഞ്ഞിടത്തും െന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ വൈദികത്തെ താന്ത്രികമാക്കി മാറ്റുന്നതാണ് ഈ വൈഷ്ണവ ഗ്രന്ഥങ്ങളിൽ ഇത് രാമാനുജാചാരോക്കും ഈ വടകര തെങ്കല എന്ന് തിരിഞ്ഞതിന് ശേഷം ഇതിനകത്ത് പല പല പ്രശ്നങ്ങളുണ്ടായി ഈ വടകര തെങ്കല പ്രധാനമായ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടോ ദ്രാവിഡ സമ്പ്രദായത്തെ അതുപടി ഉൾക്കൊള്ളുന്നതിന് ആഴ്വാന്മാരെല്ലാം അതുപോലെ ഉൾക്കൊള്ളുന്നതിനൊരു പ്രയാസം അതൊരു കാരണമാണെന്നാണ് കാരണം ആഴ്വാൻമാരുടെ ഇടയിൽ പല ജാതിക്കാരും ഇവിടെ ജാതിഭേദമില്ല ഗ്രാമാനുജാതാരിയിലും ആ രീതിയിൽ തന്നെയാണ് പോയത് പക്ഷേ ഈ വൈദിക സമ്പ്രദായം വന്നു കഴിഞ്ഞപ്പം പ്രത്യേകിച്ചും അത് ആന്ധ്ര ഗ്രാമീൺസും മറ്റുള്ളവർക്ക് അപ്പം അവർ അവരുടെ അഭിപ്രായത്തിൽ ഈ രാമാനുജാചാര്യത്തിൽ തന്നെ അവസൂത്രാധികരണം ഭാഷയത്തിൽ ശങ്കരാചാര്യർക്കാളും വളരെ ശക്തമായിട്ട് സമർപ്പിച്ചു എന്നാണ് സ്ത്രീസൂത്രന്മാർക്ക് വേദാധികാരമില്ല എങ്ങനെയാണ് മുമ്പുള്ളവർ പറഞ്ഞ അത് അഭിപ്രായം കുറച്ചുകൂടി കഠിപ്പിച്ചിട്ടുണ്ടെങ്കിലോ അങ്ങനെ പറയുമ്പോൾ ഓം എന്ന് പറയുന്നത് വൈദിക മന്ത്രമാണ് ഇതെങ്ങനെ സ്ത്രീശൂദന്മാർക്ക് ഇതെങ്ങനെ ജപിക്കാൻ പറ്റും അത് രാമാനുചാര്യ സിദ്ധാന്തത്തിന് എതിര ഈ സമ്പ്രദായക്കാർ പറഞ്ഞത് തെക്കൻ സമ്പ്രദായക്കാർ പറഞ്ഞത് അൾവാൻമാരെല്ലാം നമ്മൾ അത് ജപിച്ചിട്ടുണ്ട് അതുകൊണ്ടാകാവുന്നതാണ് പക്ഷെ അവരെ സംബന്ധിച്ചത് അതൊക്കെ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയെന്ന് പറയുന്നതാണ് അങ്ങനെ പിരിഞ്ഞു അപ്പൊ അവരെന്ത് ചെയ്തത് ഓമിന്റെ സ്ഥാനത്തെല്ലാം അവര് പ്രണവം എന്ന് പറയും പ്രണവം എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല ഓമെന്നാരും പ്രണവം എന്ന് പറഞ്ഞാലും ഓമെന്ന് ജീവിക്കട്ടില്ല പിന്നവര് ഈ ആ ഊ അനുസ്വാരമാണല്ലോ അതിന്റെ ഊ എടുത്തു കളഞ്ഞിട്ട് താന്ത്രിക മന്ത്രമാക്കി എന്നിട്ട് പറഞ്ഞു ഇനി എല്ലാവരും ജപിക്കും സ്ത്രീ ചോദിച്ചിട്ടെല്ലാം ജപിച്ചു അപ്പൊ എങ്ങനെ ജപിക്കും എങ്ങനെ ജപിച്ചാലും ഓമനാകെ അതാണ് ഈ ഇംഗ്ലീഷിലൊക്കെ എ എമ്മ സ്ത്രീകളും ചോദിക്കുന്ന ജപിക്കാതിരിക്കും ഓമെന്ന് ജപിക്കും അപ്പൊ പറയുന്നത് വൈദികത്തെ താന്ത്രികമായി കഴിഞ്ഞാല് എല്ലാവർക്കും അത് സ്വീകരിക്കും ഇത് പഞ്ചസംസ്കാരത്തിനും കൊണ്ടു സംസ്ഥാനം എന്ന് പറയുമ്പോൾ തപ കുട്ര തഥാനാമ മന്ത്രോസ്തഞ്ചോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീ വൈഷ്ണവന്മാരുടെ തപ എന്ന് പറയും തപസ്സെന്ന് പറയുന്നത് ശങ്കുചക്രവും രണ്ട് ഭുജത്തിനും രേഖപ്പെടുത്തുക എങ്ങനെയാ രേഖപ്പെടുത്തേണ്ടത് ഏ പച്ച കുത്തലല്ല അതൊക്കെ ഇന്ന് കണ്ടിരിക്കും വണ്ടിക്കള പുറത്തൊക്കെ പരിപാടിയാണ് എന്താണോ അച്ചു പഠിപ്പിച്ച് കൊത്തുന്നത് ആയിരുന്നു പഴയ കാലത്ത് കൊത്തിയിരുന്നു പരിപാടി ഇല്ലല്ലോ അങ്ങനെയൊക്കെ വന്ന ഉത്തരി മികവ് പേര് അതും വസ്ത്രം അപൂർവമാണ് അതും ഉപയോഗിക്കാറില്ല അപ്പോൾ ഒരു വൈഷ്ണവനം കണ്ടാ തിരിച്ചറിയും അത് ആവശ്യമാണ് കാരണം അന്ന് ജൈനന്മാരും സൈവന്മാരും അവയോഗിക്കൊണ്ട് അതിന്റെ ഇടയ്ക്ക് ഒരു വൈഷ്ണവനം കണ്ടാ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ിൽ ഇത് മുദ്രവധ്യാത്മികമായി അവർ പറയുന്നു അത് പഞ്ചജല്യത്തെയും സുദർശനത്തെയും പ്രതിനിധിയായി അപ്പൊ അതിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് അതിന് തപസ്സെന്ന് പറയുന്നത് ഇതെന്തായാലും തപസ്സാണ് ആധ്യാത്മികമായി അത് ശരിയാണ് അതാണ് ഞാൻ പറയുന്നത് രണ്ടു തരത്തിലും നോക്കണം ഹിസ്റ്റോറിക്കലായി എന്താണ് ഒരാവശ്യം വന്നത് ആത്മീയമായി ശരിയാണ് പക്ഷെ ഇന്ന് അങ്ങനെ തെരച്ചും എന്നാലും ചെറുപ്പം ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ എന്താണ് ടാറ്റു പഴയ ടാറ്റു ഇതാണ് അന്ന് ഇന്നത്തെ ടാറ്റു ഇന്നത്തെ ടാറ്റു തന്നെ ആൾക്കാർ പറയുന്നത് വളരെ വേദന ഉണ്ടാക്കുന്നതാണ് പിന്നെ പഴയ ടാറ്റു എന്തായിരിക്കും അത് പക്ഷെ ഒരു വൈഷ്ണവ ഭക്തി ഉണ്ടെന്നെല്ലാം ചെയ്യും ഇതാണ് തപസ്സം നമ്മുടെ പിന്നെ പൗണ്ട്രം ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരാൾ സമാശ്രയണം എന്നൊരു ഇതാണ് പ്രപത്തിക്ക് വേണ്ടിയിട്ട് ഒരാചാര്യ നിന്ന് സ്വീകരിക്കും ഇതിന് വലിയ ചടങ്ങുകളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഹോമവും പൂജയും ഒരുപാട് കാര്യങ്ങളുണ്ട് അട്ടീ എന്താണ് ഫൗണ്ടറുമാണ് നെറ്റിയിൽ ഇങ്ങനെ വരയ്ക്കുമെന്ന് ഞാൻ ഈ കുറച്ച് കറി ഞാൻ തമിഴ്നാട്ടിൽ ചെന്നൈയിലെത്താൻ വേണ്ടി അപ്പോൾ ഇവരുടെ ഈ ഘോഷയാത്രയായി അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും വലിയ പിടിപാടുണ്ട് അപ്പം നോക്കുമ്പോൾ ഈ ദേഹം മുഴുവൻ സീറ്റ് ബ്രേ പോലെ വരച്ച് കുറേ ആൾക്കാരെ റോഡിൽ മൊത്തം വരെയാണ് നെറ്റിയിൽ മാത്രം കളിക്കാൻ ഇങ്ങനെ കാണിക്കുന്നത് ഇതിന ഇത്രയും വരെ എനിക്കത് വലിയ ആവശ്യമായിട്ടുണ്ട് ഇതെന്താണ് വ്യൂഹങ്ങൾ ഉപവ്യൂഹങ്ങൾ ദ്വാദശാദിത്യന്മാർ ഇതിനെയൊക്കെ പ്രതിനിധീകരിച്ചാണ് ഈ മരങ്ങളും മുഴുവൻ ദേവൻ അതിനൊക്കെ വളരെ മഹത്വം അവരുടെ ദൃഷ്ടിയിൽ അതിനൊക്കെ വളരെ മഹത്വം നമുക്ക് കാണുന്ന ഒരു തമാശയാണ് അതാണ് എനിക്കും തോന്നുന്നത് അതെല്ലാമത്തെ ഉപാസനയുടെ ഭാഗമാണ് അതാണ് കോൺഫം അതില് ലക്ഷ്മിയെയും ശ്രീമന്ത് നാരായണനെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നെറ്റിയില വര പിന്നെ ബാക്കിയുള്ള വലകളൊക്കെ കുറിച്ച് വിശദീകരിക്കണമെങ്കിൽ നമുക്ക് വേറൊരു പുസ്തകം വെച്ച് കുറേ കാലം പഠിക്കുക അത്രയും വിപുലമായ അർത്ഥങ്ങളാണ് ആധ്യാത്മികമായി അവർ അതായത് അവർ വലിയ മഹത്വം കണ്ടിരിക്കുന്നുണ്ട് അതാണ് രണ്ടാമത്തായിട്ട് കപ്പ പൗണ്ടർ അഥവാ നാമ എപ്പോഴാണോ ആചാര്യങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു ദീക്ഷ സ്വീകരിക്കുന്നത് പ്രവൃത്തിയെ സ്വീകരിക്കുന്നത് പഞ്ചസംസ്കാരം ഇത് ഓരോന്ന് സംസ്കാരങ്ങളാണ് അതായത് മൂന്നാമത്തെ സംസ്കാരം നാമം നാമം സ്വീകരിക്കുമ്പോൾ അവർ പേരിന്റെ കൂട്ടത്തില് ദാസ ശബ്ദം ഉപയോഗിക്കും ഇത് ഈ രാമാനുപ്രായം ഉണ്ടല്ലോ പൊട്ടി പൊട്ടി പൊട്ടി പല പലതായി അത് വടക്കേന്ത്യയിൽ പ്രചരിച്ചിരിക്കുന്ന എല്ലാ സമ്പ്രദായങ്ങളും നിർബന്ധമായും അവര് എന്താണ് ദാസ് ദാസ് എന്നവര് ചേർത്തിരിക്കും തമിഴ്നാട്ടില് അവര് അതിനെ അങ്ങനെ ചേർത്തിരിക്കുന്നത് കൊണ്ട് അവര് എപ്പോഴും സംസാരിക്കുമ്പോൾ വൈഷ്ണവന്മാർ പൊതു അവരുടെ കുറുപ്പിനും മറ്റുപയോഗിക്കുന്നതാണ് അടിയൻ അടിയൻ എന്നുള്ള ശബ്ദം ഇതാണ് നമ്മുടെ കേരളത്തിലും പല സ്വാമിമാരും അടിയന് അടിയന് ഇങ്ങനെ പറയുന്ന കേട്ടുണ്ട് അതിൽ എന്തുകൊണ്ട് അങ്ങനെ വന്നും അവർക്കറിയത്തില്ല എന്നാലും അവരും അടിയ അടിച്ചുവിടും സംഗതി ഇത് വന്നതിനൊരു പാരമ്പര്യം ഒരു ചരിത്രവും ഉണ്ട് ആ ദാസശബ്ദം മലയാളത്തിൽ വന്നിട്ടാണെന്ന് പറഞ്ഞത് അടിയരൻ അതുകൊണ്ട് വൈഷ്ണവര് പരസ്പരം അവിധ സംബോധന ചെയ്യുമ്പോഴും പ്രത്യേകിച്ചും വൈഷ്ണവ സമ്പ്രദായത്തിൽ അവരുടെ ആചാര്യ പരമ്പരയ്ക്ക് വലിയ അത് മറ്റൊരു പരമ്പരയിൽ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വലിയ ആദരം അപ്പൊ ഇവിടെ തന്നെ ഇദ്ദേഹം പറയും ഏതാണ്ടെന്താണ് സംശോ ജയോ ഭൗതി ആചാര്യം അസൗ ഇത്യാം ഭഗവത്ത ഒരു വൈഷ്ണവൻ അവന്റെ ആചാര്യ പരമ്പരയെ സ്മരിക്കേണ്ടത് ആ ഭഗവത്ത വിഷ്ണുവൻ ശ്രീമന് നാരായണൻ നാരായണൻ ആണ് അവരുടെ പരമാചാര്യൻ അതുവരെ അസൗ അസൗ എന്ന് പറഞ്ഞ ഓരോ ആചാര്യനെയും അവൻ വേർതിരിച്ചറിഞ്ഞിരിക്കുന്നു അവരുടെ ആചാര്യ പരമ്പര എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരെയും അവന്റെ പരമ്പരയിലുള്ള ആചാര്യന്മാർ അവര് വേർതിരിച്ചറിയണം അവരെ സ്മരിക്കണം അവ മന്ത്രങ്ങളും ചൊല്ലണം അതൊക്കെ ഈ നിഷ്ടാനത്തിന്റെ ഭാഗമാണ് അത് അവരെ സംബന്ധിച്ചൊരു വലിയ നിർബന്ധമുള്ള കാര്യമാണ് അതുകൊണ്ട് ഒരു ആചാര്യന്മാരുടെ സമീപത്ത് ചെല്ലുമ്പോ അവര് അടിയൻ എന്നേ സാറിന് പറയാറു ദാസൻ എന്നെ പറയാറു രാമായസെല്ലാവരും പറയുന്നു എല്ലാവരും ഭഗവത് ദാസന്മാരാണ് രാമാനന്ദാസന്മാരാണ് അങ്ങനെ അവര് എല്ലാ സമാന കാലന്മാരാണ് ഈ പ്രപത്തി എന്ന് പറയുന്നത് ഇവരുടെ വ്യാഖ്യാതാക്കൾ പറയുന്നത് രാമാനുജാ സ്വീകരിച്ചാണ് രാമാനുജാചാര്യ സ്വയം ഇത് സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളവർക്ക് പറയാനുള്ളത് പ്രവൃത്തിയിലൂടെ മാത്രമേ ഇന്നത്തെ കാലത്ത് മുക്തിക്ക് വേണ്ടി ഒരാൾക്ക് ശ്രമിക്കാൻ പറ്റൂ മറ്റേതേറെക്കുറെ അസാധ്യമാണെന്ന് അവർ സംഭവിക്കുന്നുണ്ട് അതായത് ഏതാണ് ഭക്തി ജ്ഞാനമല്ല ഭക്തി എന്തുകൊണ്ട് അസാധ്യമായിരിക്കുന്നു അതിന് ചെയ്യേണ്ടത് വൈദിക ഉപാസനങ്ങളാണ് അതിനോടൊപ്പം എന്തുവേണം അഷ്ടാംഗയോഗം ഇത് രണ്ടും മനുഷ്യന് അതുകൊണ്ട് അവർ പറയുന്നത് ഇന്ന് ഇന്നല്ല അന്ന് പിന്നെ വൈദിക ഉപാസന എന്ന് പറയുമ്പോ ഈ പ്രശ്നം വരും എന്താണോ ശ്നവും സ്ത്രീസൂത്രന്മാർക്ക് അത് അനുഷ്ഠിക്കാൻ പറ്റില്ല ശരി എന്നാ സ്ത്രീസൂത്രന്മാർ വേണ്ട ഒരനുഷ്ഠിക്കണ്ട എന്ത് പ്രശ്നം വരും ഏ എന്താണ് പ്രശ്നം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണു എല്ലാം പറഞ്ഞു ആൾവാൻമാരെല്ലാം തനത്തേ ആൾവാൻമാരിൽ പ്രസിദ്ധായ ഒരു അമ്മയറിണ്ട് അവരുടെയൊക്കെ പാഠനകളൊക്കെ ഒരു നിരന്തരം പാടുന്നതാണ് അപ്പോൾ അവര് നീക്കേണ്ടി വരും അതുപറ്റില്ല കാരണം എന്താണിത് ദ്രാവിഡ സമ്പ്രദായവും വൈദിക സമ്പ്രദായവും അതുകൊണ്ടാണ് വിഷ്ടാദ്വൈതത്തിന് പ്രസിദ്ധമായൊരു പേരുണ്ട് എന്താണ് ഉഭയവേദാന്തം എന്നാണ് അറിയപ്പെട്ടത് അവർ ആചാര്യന്മാരെയല്ല പറയുന്നത് ഉഭയവേദാന്തം ഉഭയവേദാന്തം എന്ന് പറഞ്ഞാൽ എന്തായാലും ഉഭയം മിഴ് വൈദ്യുതി തമിഴ് പാരമ്പര്യവും വൈദ്യുതി അപ്പൊ അതങ്ങനെ തളിക്കളയാൻ പറ്റില്ല രാമാനുജാചാര്യൻ അതിനെ പൂർണ്ണമായും ഉൾക്കൊണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ പ്രവൃത്തി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം എന്ന് പറയും അപ്പോ ദാസ എന്നുള്ളത് പേരിനോട് ചേർക്കുന്നു ഈ ദീക്ഷ കൊടുക്കുന്ന സമയത്ത് ആചാര്യ മന്ത്രത്തിന് അവര് പറയുന്ന രഹസ്യത്രയം എന്നാണ് പൊതുവെ പറയുന്നത് അത് കടുത്ത രഹസ്യമാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം രഹസ്യമാണെന്നുള്ള വിചാരം ആരും കളയ മനസ്സിലായി ആർക്കും പറഞ്ഞൊന്നും കൊടുക്കരുത് നിങ്ങളൊന്നും ഇതാൾക്കാർക്കും പറഞ്ഞു കാരണം നിങ്ങൾക്ക് കിട്ടുന്ന രഹസ്യം നിങ്ങൾ ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല ഞാൻ എന്തായാലും രഹസ്യമാണെങ്കിലും പറഞ്ഞില്ല രഹസ്യത്തില് ഒന്ന് മൂലമന്ത്രം രണ്ടാമത്വയം മൂന്നാമത് ചരമശ്വർ ഇതില് അതില് പറഞ്ഞുണ്ടോ ഈ വൈഷ്ണവന്മാർ തന്നെ കാലത്ത് ഈ വേദം വന്നല്ലോ അതില് ആദ്യം പറയുന്ന മൂലമന്ത്രം അതിന് തിരു തിരുമന്ത്രം തമിഴ് അതിനെ പറയുന്നത് തിരുമന്ത്രം എന്നാണ് ഈ മൂലമന്ത്രം എന്ന് പറയുന്നത് വടക്കൻ സമ്പ്രദായം ആ മറ്റൊരു തിരുമന്ത്രം തിരുവെന്ന് പറയുന്ന തമിഴ് വാക്കരുത് തിരുമന്ത്രമാണ് പിന്നെ അതിന് എന്താണ് പറയുന്നൊരു പേരാണ് രഹസ്യം എന്നൊരു പേര് സംഗതി ഇത്രേം ഓം നമോ നാരായണ ഇതാണ് മൂലമന്ത്രം ഇത് ജപിക്കുന്നതിനുള്ള വിധിയാണ് നിത്യഗ്രന്ഥത്തിൽ രാമാനുചാചാര്യം രണ്ടു കുംഭക പ്രാണായാമം ചെയ്തു ഇരുവത്തട്ടവരം ചെയ്തു പറഞ്ഞു ഇതൊക്കെ ഇതാണെന്ന് പറയുന്ന ആചാരബദ്ധമാണ് ആചാരബദ്ധമെന്ന് പറയുന്നതാണ് ഇതൊക്കെ ഒരു ആയിരം വർഷത്തെ പാരമ്പര്യമുള്ള അതിനു മുമ്പേ ഉണ്ട് അഞ്ചാം നൂറ്റാണ്ടെന്ന് പറഞ്ഞു പാരമ്പര്യം തുടരുകയാണ് എവിടെ തമിഴ് തമിഴകത്ത് പിന്നെ വടക്കാണെങ്കിൽ പഞ്ചലാ അങ്ങനെ ആ വഴിക്ക് അവിടെയുമുണ്ട് നമ്മളിന്ന് ഓം നമോ നാരായണ എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുടങ്ങുന്നു അപ്പോ അത് എങ്ങനെ എവിടെ നിന്ന് വന്നു നമുക്കറിയത്തില്ല നമ്മൾ നമ്മുടെ ഇതായിട്ട് നമ്മളങ്ങ് പറയുകയും ചെയ്തു നമ്മളെ കണ്ടുപിടുത്ത ഇന്നും നമ്മളെ കണ്ടുപിടുത്ത അപ്പൊ അത് ഒന്ന് പ്രധാനപ്പെട്ടത് ഇതിലാണ് തർക്കമുള്ള പിൽക്കാലത്ത് ഓം നമോ നാരായണ എന്ന് പറയുന്നതില് എന്താണ് ാരായണായ എന്ന് പറയുന്നത് എല്ലാവർക്കും പറയാം നമ്മ ഓം എന്ന് പറയാൻ പറ്റണം സ്ത്രീശൂദന്മാർന്ന് പറയാൻ പറ്റില്ല അത് കൊണ്ട് അവിടെ എന്ത് ചെയ്യണം അതിന്റെ ഊഅടുത്ത് പറയണം അകാരം വിഷ്ണു ഊ ലക്ഷ്മി അനുസ്വാരം ജീവാത്മാ അങ്ങനെ അവർ വ്യാഖ്യാനം ഇതിനുള്ള ഒരുപാട് വ്യാഖ്യാനം ഞാൻ വായിച്ച വ്യാഖ്യാനം പറയണം ഇനി ഊവെടുത്ത് ലക്ഷ്മി പോകും ഇല്ല ി എന്തായാലും ആയെന്ന് ലക്ഷ്മിയും കൂടെ ചേർക്കാം ചേർത്തിട്ട് വിഷ്ണു ലക്ഷ്മിയും ഇവൻ ചിത്ത് അതെ കിട്ടും എന്നെല്ലാം പറഞ്ഞ് അതിനെ വൈദികത്തെ താന്ത്രികമാക്കി അത് ചൊല്ലുക എന്നുള്ള ഒരു കൂട്ടർ പറയുന്നതാണ് ഓമെന്ന് വരരുത് തന്നെയുള്ളൂ വാക്കുകൾക്ക് ഇഷ്ടമുള്ളതോ അത് എന്നോട് ചോദിച്ചാൽ ഞാനിത് ചരിച്ചിട്ടില്ല എനിക്കിതിനെ സംബന്ധിച്ച് വായിച്ചറിയും ഇവര് എഴുതി വെച്ചിരിക്കുന്ന മനസ്സിലാവണം അവരുടെ അടുത്ത് പോയി എന്ത് ചെയ്യണം ഈ പറയുന്ന മുദ്രവർത്തണം ഇപ്പൊ മുദ്രവൃത്ത മുദ്രവൃത്തിയ പ്രശ്നം ഇല്ലെന്ന് പറഞ്ഞാൽ പോലീസിന് കൊണ്ടാൾക്കൊന്നും ചേരാൻ പോയി മുദ്രയുള്ളവരെ അടുക്കത്തില്ല ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അറിയാം ഏകത്ത് എന്തെങ്കിലും മുദ്രയാണെങ്കിൽ നമ്മളെ പോലീസിന് അടുക്കത്തില്ല അതുകൊണ്ട് ഇന്നവരും ചെയ്യത്തില്ല മായ്ച്ചു അപ്പോ അതാണ് മന്ത്രം അതിന് പിന്നെ വരുന്നത് ദ്വയം ദ്വയം എന്ന് പറയുന്നത് പറയുന്നത് താന്ത്രിക മന്ത്രങ്ങളാണ് ഇതൊക്കെ വ്യാഖ്യാതാക്കൾ പറയുന്നതാണ് അതായത് അല്ലാതെ പറയാനുള്ള ശേഷിയില്ല ഞാൻ ഈ സമ്പ്രദായത്തിലധികം പെട്ടയാളാണ് അത് മനസ്സിലാവും എല്ലാം നമുക്ക് വ്യാഖ്യാനങ്ങൾ പിന്നെ വേറൊരു കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം വൈഷ്ണവന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ ഈ എന്താണ് അദ്വൈത സമ്പ്രദായങ്ങളൊക്കെ പറയുന്നതുപോലെ നിങ്ങൾ ഗ്രന്ഥങ്ങള് പുസ്തകങ്ങളൊന്നും പഠിക്കരുത് ശബ്ദജാതം മഹാരം ഇതൊന്നും അവർക്കില്ല അവര് പറയുന്നത് ഈ ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങൾ വൈഷ്ണവന്മാർ നിർബന്ധമായും പഠിക്കണമെന്ന് തന്നെ അതിന് അധ്യയനത്തിന് സ്വാധ്യായിട്ടുള്ളവരും വളരെ പ്രാധാന്യം എന്തിനാ അവരിത്ര നിർബന്ധം പിടിക്കുന്നു കാരണം ഇതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ബ്രഹ്മത്തെ അറിയാൻ പറ്റൂ അല്ലാതെ നിങ്ങൾ എങ്ങനെ അറിയൂ അല്ല വേറെ വഴിയൊന്നുമില്ല ഒന്ന് ബ്രഹ്മത്തെ അറിയാൻ ഉണ്ടായിരുന്ന ഒരേ വഴി എന്ന് പറയുന്നത് അത് അപരസാക്ഷാത്കാരമാണ് അപരസാക്ഷാത്കാരം അതെപ്പോഴാണ് അവതാരങ്ങളായി ഭൂമിയിൽ വന്നപ്പോൾ അത് നമ്മളാരും ഇല്ലായിരുന്നുണ്ടോ അതെവിടെ വന്നു കൃഷ്ണനായി വന്നു രാമനായി വന്നു അന്നുണ്ടായിരുന്നവർക്കെല്ലാം എന്താണോ അപരസാക്ഷാത്കാരം എന്തായാലും സാക്ഷാത്കാരം ഉണ്ടായി അപരസാക്ഷാത്കാരം അപ്പോൾ അത് ശരിയായ രൂപമല്ല അത് മനുഷ്യരൂപമാണ് അത് ശരിക്കും ബ്രഹ്മത്തിന്റെ ശരിയായ രൂപമല്ല അപ്പൊ ഇന്നിപ്പോ അവര് ഇല്ല അവരെല്ലാം പോയി പിന്നെ വന്നിട്ടുള്ളവരെല്ലാം ഇവര് ഇപ്പൊ അങ്ങനെ ഒരു അവതാരമായി ഉദാഹരണം ഇപ്പൊ രാമാനുജാ അത് ശേഷ അവതാരമാണ് അംശാവതാരങ്ങളെയുണ്ട് നേരിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോ ശേഷാവതാരമാണ് അവര് രാമാനുജ് അദ്ദേഹം ഇപ്പൊ ഇല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓരോന്നും അവതരിച്ചിട്ടുണ്ട് വിഷ്ണുവിൻ്റെ ഓരോ വിഭൂതികളൊക്കെ അവതരിച്ചിട്ടുണ്ട് അതേ അവർ അംഗീകരിക്കുന്നു ആ സമ്പ്രദായം അനുസരിച്ച് പറയുകയാണ് മറ്റു അവതാരങ്ങളെ അവർ അംഗീകരിക്കുന്നു അപ്പം പിന്നെ എന്താ വഴി ബ്രഹ്മത്തെ അറിയാൻ എന്താ വഴി ഈ ശാസ്ത്രങ്ങളും അതിനാണ് ഈ ആചാര്യന്മാർ ഈ ശാസ്ത്രം തന്നെ എഴുതി അതുകൊണ്ട് അത് അധ്യയനം ചെയ്യണം അത് എങ്ങനെ അവരുടെ ആചാര്യ പരമ്പരയിൽ നിന്ന് ശ്രീ വൈഷ്ണവ് പരമ്പരയിൽ നിന്ന് ആചാര്യന്മാരിൽ നിന്ന് ഇത് അധ്യയനം ചെയ്യണമെന്ന് പറയുന്ന ബന്ധമുള്ള കാര്യങ്ങളല്ല ഗ്രന്ഥത്തെ ഉപേക്ഷിക്കാൻ ഒരിക്കലും അപ്പോൾ ബ്രഹ്മത്തെ അറിയാൻ പറ്റും പിന്നെ അതിന്റെ സാക്ഷാത്കാരം ഇപ്പം സംഭവിക്കും വൈകുണ്ടത്തെ ചെന്നു അവിടെ ഒരു ഗിരജാ നിയമുണ്ട് അത് ക്ലോസ് ചെയ്യും അത് ക്ലോസ് ചെയ്യുമ്പോൾ അക്കാര്യം ഞാൻ പിന്നീട് പറയും ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴേ ക്ലോസ് ചെയ്യും അപ്പോ എന്താണ് ആ ഉഭയം ഉഭയമന്ത്രം എന്ന് പറയുന്നത് താന്ത്രികമാണ് അതിന്റെ ഒന്ന് രഹസ്യമാണേ ഇത് സാധാരണ പരമ്പരയിൽ എന്തെങ്കിലും കിട്ടാതെ പറഞ്ഞു കൊടുക്കാറുണ്ടോ പറഞ്ഞു കാര്യ ശ്രീമന്ത നാരായണചരണം ശരണം പ്രഭൃത്തി വളരെ മഹത്വം കൽപ്പിക്കുന്ന ഒരു മന്ത്രമാണ് രഹസ്യം രോഗം ഒരുപാട് പ്രിന്റ് ചെയ്തിട്ടുണ്ടോ ഈ ഞാൻ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് എന്താ ഞാൻ ദിവ്യ ദൃശ്യം ഉണ്ടോ ഏ രഹസ്യമാണ് എന്ന് ഞാൻ പറയും എന്നുള്ളത് അങ്ങനെയുള്ള കരണമുണ്ടെന്ന് വെച്ചോ എനിക്ക് നഷ്ടമല്ലോ എന്താണോ ഈ പറയുന്ന പഞ്ചസംസ്കാരം ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഇതെല്ലാം കിട്ടും അല്പം മെന കിടന്നു കാര്യം ഗ്രന്ഥങ്ങളും പഴയ എല്ലാ ഗ്രന്ഥങ്ങളും ഇപ്പൊ എല്ലാ ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ പിന്നെ നമ്മള് അങ്ങനെ പഴയ കാലങ്ങളാണെങ്കിൽ അങ്ങനെ അറിയാനൊരു വഴിയോ എന്തായാലും ആർക്കിവിസിനെ നമസ്കരിച്ചു കൊണ്ട് വേണം നമ്മളീ കാര്യത്തിൽ ചിന്തിക്കണം എല്ലാ കാര്യത്തിലും അതിനു അപ്പൊ ഇന്ന് അവനും ആശ്രയിക്കുന്നത് അതുതന്നെയാണ് ഞാനൊരു വൈഷ്ണവനോട് ചോദിച്ചു ഇങ്ങനെ പരാശരഭട്ടോട് ഇതൊക്കെ അയച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തെ കുറിച്ചാണ് അന്വേഷിച്ചത് അപ്പൊ ഈ സുഹൃത്തു പറഞ്ഞതാണ് അതിന് ഞാൻ ലിങ്ക് അയച്ചതാണ് ഇത്രയുള്ള സംഘടി ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലാണ് ഇതൊക്കെ എനിക്ക് ജീവിച്ചു പോകുന്നു ഇപ്പോ ദ്വയുന്നതാണോ എന്താണോ ഞാൻ ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് ആരെങ്കിലും ഓർമ്മയുണ്ടോ ശ്രീമന് നാരായണ ശരണവും ശരണം പ്രപത്തി ഞാനിങ്ങനെ പറയുന്നില്ല മഹത്വമുള്ളതാണ് എന്റെ മഹത്വത്തെ ഞാൻ കുറച്ചൊന്നും കാണുന്നില്ല ഒരുപാട് പേരത് വിശ്വസിച്ച് അതിനെ എന്താണ് ദൈനംദിന അനുഷ്ഠിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ അതിനെ നമ്മൾ കുറച്ച് കണ്ടിട്ടല്ല പറയുന്നില്ല എന്നാലും ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് പ്രചരിക്കുന്നതെന്ന് പറയുന്നുള്ളത് അവരുടെ ഇതോടെ റെസ്പെക്ട് ഒന്നും കുറച്ചിട്ടല്ല പറയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം കാരണം അത് ഓടിക്കണമെങ്കിൽ മനുഷ്യൻ്റെ വിശ്വാസമാണ് മറ്റൊന്ന് ദ്വയം അതിന് പറയുന്നത് മഹാമന്ത്രം പൊതുവെ ദ്വയമെന്നാണ് അവർ പറയുന്നത് അവരുടെ ഇടയിൽ അങ്ങനെയാണ് മറ്റൊന്ന് വളരെ സിമ്പിളാണ് ശ്രീമതേ നാരായണ എന്നു ഈ പറയുന്ന മൂലമന്ത്രം അല്ലെങ്കിൽ രഹസ്യം അതിന്റെ പേര് തന്നെ അതിന് അഷ്ടാക്ഷരം എന്നും പറയാറ് അഷ്ടാക്ഷരം രഹസ്യം മൂലമന്ത്രം അങ്ങനെയൊക്കെ പറയുന്ന ഈ പറയുന്ന ദ്വയം ശ്രീമ ശ്രീമതേ നാരായണായനമാണ് പിന്നെ ആദ്യം പറഞ്ഞ ഏതാണ് നാരായണ ചേർന്ന ഈ വളരെ ഭക്തിയാഗ്രഹത്തോടു കൂടി ഇവർ നിരന്തരം അനുഷ്ഠിക്കുന്ന വൈഷ്ണവാണ് അതവരുടെ ജീവനാണ് ഇത് ഈ എന്താണ് ഇവരുടെ ഈ പഞ്ചസംസ്കാരത്ത് പ്രദേശിക്കുന്നു മന്ത്രത്തിന് വേണ്ടി പറയാറുണ്ട് അതിൽ വന്ന പുൽക്കാലത്ത് വന്നവരെ സ്ത്രീ സൂദനന്മാർ ഇത് ജീവിക്കാൻ പാടില്ല എന്നുള്ളവർ സ്ത്രീ വന്ന ഒരു മന്ത്രത്തിന് മാറ്റം അത് മൂലമന്ത്രത്തിലാണ് മറ്റേ മന്ത്രത്തിനും കുഴപ്പമൊന്നും കാരണം അതിനൊന്നും വരുന്നുമില്ല ദ്വയത്തിനൊന്നും ർക്കം ചെറു പിന്നെ അടുത്ത് വരുന്ന യജ്ഞം എന്നാണ് യജ്ഞം എന്ന് പറയുന്നതിനെ കുറിച്ച് നിത്യഗ്രന്ഥത്തിൽ രാമാനുണ്ട് ആചാര്യർ പറയുന്നുണ്ട് അതിന്റെ വ്യാഖ്യാനത്തെ കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല നമ്മുടെ ഇന്ന് ഒരു പ്രചരിച്ചിരിക്കുന്ന പ്രതിമാ പൂജകളും ഉണ്ടല്ലോ അതിന്റെ എനിക്ക് തോന്നുന്നത് അതിന്റെയൊക്കെ ഒരു ആധാരം ഇതിലായിരിക്കും എല്ലാ സമ്മർദ്ദ അധികമനം തുടങ്ങിയോടും കൂടി സ്നാനം ആചമനം തുടങ്ങേണ്ട വിവേചനം തുടങ്ങി സർവ വിധികളോടും കൂടി ഭഗവാനെ ഉറക്കുന്നത് വരെയുള്ള സർവ്വ ഏർപ്പാടുകളുണ്ട് അത് താൻ കുറിക്കുന്നവടം പോലെ തുടങ്ങും അതിന്റെ ചടങ്ങുകൾ പൂജയൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം അതിന്റെ ഒരു രൂപാന്തരങ്ങളാണ് ഇന്നൊക്കെ നമ്മൾ എല്ലാരും അനുഷ്ഠിക്കുന്നത് പൂജയായിട്ടൊക്കെ ചെയ്യുന്നത് താന്ത്രികം എന്ന് പറയുന്നത് ചരിത്രപരമായ ഇതൊക്കെ പറയാൻ പ്രയാസമാണ് ഉണ്ടായിരിക്കും ചെറുതെ അത് പറഞ്ഞ തർക്കത്തിലേക്ക് പോകുന്നുള്ള എന്താ താന്ത്രികന്മാർ പറയുന്നത് അത് വേദത്തെക്കാൾ പഴക്കമുള്ള പിന്നെ നമ്മൾ എന്തു ചെയ്യും വേദം പിൽക്കാലത്ത് ഉണ്ടായതാണ് തന്ത്രജ്ഞ നമുക്കെന്തെങ്കിലും പറയാൻ പറ്റില്ല അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും പറഞ്ഞ് വെറുതെ വിവാദങ്ങൾ പറയാമെന്നുള്ളതല്ല എന്തായാലും ഇത് ആയിരം വർഷം മുൻപ് തന്നെ ഒരു സമ്പ്രദായം പൂജാ സമ്പ്രദായം അതാണ് യജ്ഞം ഈ പറയുന്ന നാരായണ പൂജ അപ്പൊ അതിലും പിന്നീട് തർക്കം വന്നു കാരണം ഈ നാരായണ പൂജയിൽ ഈ മൂലമാകം പോലെയൊക്കെ ഉപയോഗിക്കേണ്ടി വരും അത് യജ്ഞമാണ് വൈദിക യജ്ഞം പോലെ തന്നെ പരിശുദ്ധമായൊരു യജ്ഞമാണ് അപ്പൊ ഇത് സ്ത്രീകൾക്ക് ശൂദ്രമാർഗം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു തർക്കമാണ് ആര് വടകലക്കാർ അവര് പറഞ്ഞു അതിന്റെ കേന്ദ്രം ആന്ധ്ര കേന്ദ്രം ആന്ധ്രക്കാരുടെ കൊണ്ടെങ്കിൽ ക്ഷമിക്കണം അവിടെയാണ് ശക്തമായിട്ട് ഇത് വന്നു ഇത് ചെയ്യാൻ പറ്റും അവസാനം ഇതിനൊരു പരിഹാരം വന്നു എന്താണ് ഒന്ന് ഡ്രൈവർമികര് പുരുഷന്മാര് മാത്രം ചെയ്യും പൂജ അപ്പോൾ വീട്ടിലെ പുരുഷൻ ചെയ്യുമ്പോൾ യജ്ഞത്തിൻ്റെ സ്ത്രീ അതിനുവേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക പുണ്യത്തിന്റെ പകുതി സ്ത്രീകൾ അതല്ല ഇതിന്റെ സ്ത്രീക്ക് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഇതിന്റെ മാനസിക പൂജ ഇങ്ങനെ പാതുറങ്ങല് അപ്രത്യേകിച്ച് അവിടെ അടച്ചുപിടിക്കുക എന്നിട്ട് മാനസികമായി ചെയ്യണം ഈ പറയുന്ന വിധി വിധാനങ്ങൾക്കനുസരിച്ച് ഈ പൂജ ചെയ്യാം അങ്ങനെ ഒരു ഒത്തുതീർപ്പിലാണ് ഇപ്പൊ പോകുന്നത് ഇജ്ഞത്തിൽ എന്തു ചെയ്യും ആകാശം മഹാനർത്ഥങ്ങളുണ്ടോ അതാണ് ഇജ്ഞത്തെ സംബന്ധിച്ചും തർക്കവിതർക്കങ്ങളും തീർപ്പുമൊക്കെ ഉണ്ടായതായിരുന്നു ഇപ്പോൾ സ്ത്രീകളും പ്രത്യേകിച്ച് അവര് ഒരു മന്ത്രം ചെല്ലുമ്പോഴും ഈ സമ്പ്രദായം അനുസരിച്ച് ഓം എന്ന് ചേർത്ത് ചെല്ലാൻ പാടില്ല അപ്പൊ ഞാനിവിടെ ഈ പലരും നമശുപായ നമശുപായെന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഒരുപക്ഷെ സ്ത്രീകൾക്ക് ചൊല്ലാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കും ഓം വെട്ടത് ബുദ്ധിയുള്ളവരാണ് ഏ അതുകൊണ്ടായിരിക്കും എന്തായാലും വടക്കേരിയിലായിരുന്നു എന്റെ ഗുരുനാഥൻ ഉൾപ്പെടെ സ്ത്രീകൾ വിളിച്ചെന്ന് കഴിഞ്ഞാൽ അതോടൊപ്പം നാരായണ എന്നെ പറയുന്നത് ഓമൻ ചേർക്കത്തില്ല നമയും പറയുന്നത് നാരായണായും പറയത്തില്ല നാരായണ നാരായണായെന്ന് ചതുർത്ഥി പറയണമെങ്കിൽ നമ വേണം നമയില്ല പറയാൻ പറ്റില്ലെന്നും നാരായണ നാരായണ നാരായണ എങ്ങനെ പറയുന്നു സൂദ്രന്മാരെന്ന് സംശയമുള്ളവരിടത്തും ഇതേ പറയുക ണനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഓ നമോ നാരായണി പറയും രണ്ടു കൂട്ടർ സന്തോഷം അപ്പൊ രണ്ടുപേരും തിരിച്ചറിയുകയും ചെയ്യും അവൻ ബ്രാഹ്മണൻ ഞാൻ ബ്രാഹ്മണൻ ഇന്നും നടന്നു വരുന്ന കാര്യം നമുക്ക് അതേപോലെ ഇവിടെ പലരും പറയുന്നതും എന്താണ് പരസ്യമായി പറയരുത് എന്ത് അനൈക്കമുണ്ടാവുന്ന ഇത് നടക്കുന്ന കാര്യമാണ് മനസ്സിലായത് എല്ലാ മണ്ഡലേശ്വരന്മാരും സംസ്കൃതം പഠിച്ചിട്ടുള്ള എല്ലാ മറ്റൊരു ദിവസങ്ങളും എല്ലാവരും ഈ ശങ്കരാചാര്യന്മാരും എല്ലാവരും നാരായണമെന്നേ പറയ പറയട്ടെ എന്തുകൊണ്ട് സൂത്രൻ്റെ സ്ത്രീയും കേൾക്കെ ഓം എന്ന് പറയാൻ പാടില്ല കേട്ടവരും പറയും പ്രണവം എന്ന് പറയാൻ കേട്ടോ രസമാണ് ഇതൊക്കെ പറയുന്നതാണ് എന്നോട് സിറ്റുവേഷൻ എന്തു ഐക്യം എന്തവർക്കും എന്നാണ് വടക്കേന്ത്യ അതുകൊണ്ട് ഈ പാവങ്ങൾ എന്തു ചെയ്യും ഈ പാവങ്ങളിത് കേട്ട് നാരായണ നാരായണ എന്ന് പറഞ്ഞു ഇവർ കോപം ചേർത്ത് പറയാൻ ധൈര്യം പറഞ്ഞ ദോഷമാണ് തടപൊട്ടി ചെറിയ ഓം പറഞ്ഞു എന്ന് പറഞ്ഞു പേടിപ്പെടുത്തി എന്തു ചെയ്യും പറയും അത് ഇതാണ് വലിയ സംസ്കാരം അപ്പോ എന്തൊക്കെയാണ് തപ പൗണ്ട തഥ നാമ മന്ത്രോ എന്യാസ്റ്റ് പറഞ്ഞത് ഇതൊരാചാര്യം നിന്ന് അതിന്റെ വിജയം ഇരിക്കുന്നത് കിടം കിടങ്ങാണ് ഒരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാള് അന്ന് പോലെ ശ്രീവൈഷ്ണവൻ എന്നറിയപ്പെടുന്നു ഇതെല്ലാവരും ഇതിന്റെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെയാണ് പ്രപത്തി എന്ന് പറയുന്നത് അപ്പൊ ഭക്തിക്ക് അധികാരമില്ലാത്തവർക്ക് ഇതാണ് പ്രപത്തിയാകും അപ്പൊ അതിനകത്ത് വരുന്ന ഈ വനിഷ്ട പരിപാടികൾ എന്തൊക്കെയാണ് ഓം ഇതൊക്കെ കയറി വരുന്നോണ്ടാണ് ഈ പ്രശ്നം അതൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുണ്ടാക്കിയത്പത്തി പ്രപത്തി എല്ലാവർക്കും ആകാം ഏഹ് അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ പലർക്കും ചിലട് പറയുന്നു എന്താസിലോട് ജനിച്ചാലെന്തവരും ജനിച്ചോട്ടെ അഴുവാന്മാരെല്ലാം എന്ത് ചെയ്തു ഭക്തിയിൽ മുഴുകിയില്ല അവിടെ എന്ത് സംഭവിച്ചു അപ്പോൾ അങ്ങനെ വാദിക്കുന്നവരുമുണ്ട് തിരിച്ചു പറയുന്നവരുമുണ്ട് എന്തായാലും എന്തൊരു രണ്ടു കലയുണ്ടായി ഇതിന്റെയൊക്കെ പേരിലാണ് ഇത് രണ്ടു കലകളുണ്ടായത് തെക്കും മടക്ക് ഇനി ഇത് ഈ പറയുന്ന ഒരു വിഭജന ഇങ്ങനെ ഉണ്ടായി ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ തമിഴ്നാട്ടിലെ ഈ ഒരു ദ്രാവിഡ മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞ പ്രസ്ഥാനങ്ങളെക്കാളുണ്ടായല്ലോ അല്ലേ അതിന്റെയൊക്കെ ഒരു അന്തർധാര ഇതിന് കിടക്കുകയാണ് മനസ്സിലാക്കി അതിന്റെയൊക്കെ പിന്നിൽ ഇങ്ങനെയുണ്ട് നിങ്ങൾ തമിഴ്നാട്ടിൽ ചില ചരിത്രകാര്യങ്ങളുടെ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാൽ അവരിതിലൊക്കെ വളരെ പ്രാധാന്യത്തോടെ എടുക്കുകയാണെങ്കിൽ എന്ത് രീതി രാമായരാചകർക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇതുവരെയുള്ള ചരിത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കുക അദ്ദേഹം രണ്ടു ഒരു ബോധം ഉൾക്കൊള്ളുകയും അദ്ദേഹം ഇത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാണോ പക്ഷെ അദ്ദേഹത്തിന്റെ കാലശേഷമാണ് ഇങ്ങനൊരു വലിയൊരു വൈരുദ്ധ്യം ഉള്ളത് പക്ഷെ പ്രപത്തി എന്ന് പറയുന്ന ആശയം എന്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചെന്നുള്ള ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പക്ഷെ പിന്നീട് അതിലൊക്കെ എല്ലാം പറയുന്നുല്ലോ നമ്മൾ പറയുമ്പോൾ അങ്ങനെ ഒന്ന് ഒളിച്ചുപോയിക്കുന്ന ശരിയല്ല ഇത് നമ്മൾ അറിഞ്ഞിരിക്കുകയാണ് സമ്പ്രദായത്തിലായി എന്തുകൊണ്ടെങ്കിലും ഒരു പ്രവൃത്തിയും ആശയം വന്നു അപ്പോ ഒരു സമഭാവന രാമാനുജാചാര്യുണ്ടായിരുന്നു എന്ന് തന്നെയാണ് വിജയം എല്ലാവരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ സംഭാവന അല്ല അദ്ദേഹം എല്ലാവരും ഉൾക്കൊള്ളാൻ ശ്രമിച്ചു അങ്ങനെ മുന്നോട്ട് പോയിരുന്നാണ് അതിന് തെളിവുകളും പലരും ഹാജരാക്കുന്നുണ്ട് അത് നമ്മൾ അംഗീകരിച്ചു അപ്പൊ ഇതൊക്കെ പിന്നെ മനുഷ്യരുടെ ഇടയിൽ എന്താണ് ആവശ്യമുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ മനുഷ്യന് തമ്മിലകറ്റിയിട്ടുണ്ട് അത് മറ്റൊരു കാര്യം ഇവിടെ ആ ഇത് പറഞ്ഞു നോക്കുകയാണ് സചാരി വൻസോ ജയോഭോതി ആചാര്യണം അസൗ അസൌഭവത്ത അത് പറഞ്ഞപ്പോഴേക്കു പോയി അപ്പൊ ആചാര്യ പരമ്പരയെ വളരെയധികം ആചരിക്കുന്ന ഒരു പരമ്പരയാണ് ശ്രീ വൈഷ്ണവ സമ്പ്രദായം അതുകൊണ്ടെന്താണ് യത് പാദാം പൗരൂഹധ്യാനം ശേഷകന്മ വസ്തുതാപയാദ ഞാൻ വസ്തുവായി തീർന്നു ദേവസ്വം വസ്തുബാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദേവന്ത പറയുന്നു അസ്ഥി ബ്രഹ്മേതി ചേർവിയത് സന്തമേനന്തോവിധി ബ്രഹ്മത്തെ അറിയുന്നവനാണ് വസ്തുബാധ ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മജ്ഞാനോ ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ശ്രീ അമ് നാരായണൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവിടെ രണ്ടല്ല അപ്പോ അത് എങ്ങനെ അറിയുന്നു ഇവിടെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ശാസ്ത്രങ്ങളെ അറിയണം ശാസ്ത്രങ്ങളിൽ നിന്നറിയുന്ന അങ്ങനെ അറിഞ്ഞ് അദ്ദേഹം അറിഞ്ഞത് രാമാനുജനെന്നും പൂർവാചാര്യന്മാരൊന്നും അറിഞ്ഞ് ഞാൻ വസ്തുവായി തീർന്നു എന്നാണ് അല്ലെങ്കിൽ അവസ്തുവാണ് അത് ഉപനിഷത്തിൽ പറയുന്നതിനനുസരിച്ച് പറയുന്നതാണ് സദാസ അറിയാൻ മഹദീ വിനഷ്ടി എന്ന നമ്മൾ അസ്ഥി ബ്രഹ്മേ സന്തമേതം അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടും ій ṭ disciples e thinking of it. Christmas is such a wickedness to body. Christmas is just a luxury place when I have no idea I am being brought to Ashut cetera. Christmas is looming since the topic that is known. Really, Noam is the occasional witness to the topic of Quran. എന്ന് പറയുന്നതിനും വരുന്ന വ്യത്യാസങ്ങൾ രാമായണ സമ്പ്രദായം അനുസരിച്ച് എന്തായാലും ഇങ്ങനൊരു വ്യാഖ്യാനം ഉള്ളതെന്ന് നമുക്കത് പറയാൻ പറ്റില്ല ഇനി പിന്നെ അങ്ങനെ രാമായണ സമ്പ്രദായം എന്നോട് പറയുമ്പോൾ മനസ്സിലാക്കുന്നു പൂർണ്ണമായും വ്യാഖ്യാനങ്ങളെ ആശ്രയിച്ചാണ് ഞാൻ പറയുന്നത് നമാമി അങ്ങനെയുള്ള അവിനാചാര്യനെ അല്ലെങ്കിൽ അവിനേയനെ ഞാൻ നമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ദൈവത്തിന്റെ വ്യാഖ്യാനത്തിൽ സ്വധർമ്മ ജ്ഞാനവൈരാഗ്യ സാധ്യഭക്തീഗോചര നാരായണം പരം ബ്രഹ്മ ഗീതാശാസ്ത്ര സമീചിതീതന്നെയാണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഗീതയുടെ താല്പര്യം ജാമുനാചാര്യൻ എഴുതിയതും ഞാൻ ഈ ഒരു ആശയത്തെ വച്ചുകൊണ്ടാണ് ഗീത മുഴുവൻ വ്യാഖ്യാനിക്കുന്നതെന്നാണ് ആചാര്യൻ പറയുന്നത് ഇവരൊറ്റ ശ്ലോകം പിന്നെ ബാക്കി വരും ബാക്കി മുപ്പത്തിരണ്ട് ശ്ലോകങ്ങളും വരും ഗീതയുടെ താല്പര്യമാണ് തീർച്ചയായിട്ടും നമ്മൾ നിഷ്പക്ഷമായി പറയുകയാണെങ്കിൽ ഗീത താല്പര്യത്തോടടുത്ത് നിൽക്കുന്നത് കൂടുതൽ അത് മുമ്പോട്ടിന്ന് വ്യാഖ്യാനിക്കുമ്പോൾ മനസ്സിലാക്കും ഈ പറയുന്ന ആചാര്യ ഭാഷയിൽ തന്നെയാണ് അത് മനസ്സിലാക്കാതെ പക്ഷെ വേറെ കാര്യമുണ്ട് ഇതിങ്ങനെ പറഞ്ഞും കേട്ടും പറഞ്ഞും കേട്ടും നമ്മളിന്ന് പറയുന്നിടത്ത് പലയിടത്തും ഈ ആചാര്യന്റെ ആശയങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അത് ഇന്നാരുടെ നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ അതുപോലെ നമ്മൾക്ക് പൂർണ്ണമായും അറിയാത്തൊരു കാര്യമില്ല ഇത് ഭാഷ്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണോ മനസ്സിലാക്കുന്നു ഇത് ഇദ്ദേഹമാണ് ഇതിങ്ങനെ വ്യാഖ്യാനിച്ചത് എന്നപ്പോഴാണോ മനസ്സിലാക്കുന്നത് അതിന് പ്രചാരം വന്നില്ല കാരണം നിരന്തരമായ സാമാന്യുജ സമ്പ്രദായത്തിന്റെ കാലക്ഷേപം നിരന്തരം ഈ ആയിരം വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ അവരുടെ പ്രവചനങ്ങൾ അതിലൂടെ ആശയങ്ങൾ സാമാന്യ ജനങ്ങളുടെ അല്ലെങ്കിൽ ആധ്യാത്മിക താല്പര്യമുള്ളവരുടെ ഇതിനകം തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അറിയാത്ത കാര്യങ്ങളല്ല ഞാൻ ഭാഷത്തിൽ ഒന്ന് അറിയുന്നു എന്ന് പറയുന്നത് അതിൻ്റെ